അള്ളാഹുസുബഹാനുഹുവ ചായാലയെക്കുറിച്ച് കളവ് കെട്ടിച്ചമച്ചവനേക്കാൾ വലിയ അക്രമി മറ്റാരുണ്ട് അവർ അവരുടെ രക്ഷിതാവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും അപ്പോൾ സാക്ഷികൾ പറയും ഇവരാണ് അവരുടെ രക്ഷിതാവിനെക്കുറിച്ച് കളവു പറഞ്ഞവർ എന്ന് അക്രമികൾക്ക് അള്ളാഹുസുബാനുഹുവ ചായാലയുടെ ശാപമുണ്ടെന്നറിയുക